ആകാശഭൂമികളിലുള്ളവരും ചിറകുകൾ വിരിച്ചു പറക്കുന്ന പക്ഷികളും അള്ളാഹുസുബഹാനുഹുവറ്റ ആലാവിനെ സ്തുതിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അവരൊക്കെയും തങ്ങളുടെ നമസ്കാരവും തസ്ബീഹും അറിഞ്ഞിരിക്കുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനുഹുവറ്റ ആല എല്ലാം അറിയുന്നവനാകുന്നു